ഒന്നിലും കഴിവില്ലാത്ത ഒരടിമയെ അള്ളാഹുസുബഹാനുഹൂവറ്റയാല ഉദാഹരണമായി പറഞ്ഞു എന്നാൽ നമ്മളിൽ നിന്ന് നല്ല ഉപജീവനം നൽകപ്പെട്ട ഒരാൾ അതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നു ഇവർ രണ്ടുപേരും തുല്യരാണോ സർവ്വസ്തുതിയും അല്ലാഹുസുബഹാനുഹൂവറ്റയാലയായ തന്നെ എന്നാൽ അവരിൽ ഭൂരിഭാഗവും അറിയുന്നില്ല